ഇതിന്റെ രണ്ടാം ഭാഗം ബുദ്ധൻ്റെ ശിഷ്യായ നൻഖേമ പ്രസീഗന്തി എന്ന ചക്രവർത്തിയോട് പറയുന്നു ചക്രവർത്തിയും നൻഖേമയും ഒരു ദിവസം കൊട്ടാരത്തിൽ വെച്ച് ചക്രവർത്തി ചോദിച്ചു എന്താണ് ആത്മാവിനെ പറ്റി പറയാത്തത് പറഞ്ഞു രാജൻ വൈകുന്നേരമായി കടൽത്തീരത്തേക്ക് പോകാം ഉടനെ തന്നെ നൻഖേമ രാജാവിനെയും വിളിച്ച് കടൽ തീരത്തേക്ക് പോയി കടലിന്റെ തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ രാജാവിനോട് ക്ഷേമ ചോദിച്ചു ഹേ രാജൻ നിങ്ങൾ എന്താണ് തിരയണ്ണാൻ ഒരു ഉദ്യോഗസ്ഥനെ നിർത്താത്തത് ഈ കടലിലെ തിരയെല്ലാം ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഇത് എണ്ണാൻ വേണ്ടി ഉൾത്തനെ എന്താണ് നിയമിക്കാത്തത് മറ്റേ കാര്യമൊക്കെ മറന്നുപോയോണ്ടാകാം പ്രസീതം ഈ ദേഷ്യം വന്നു എന്താ അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത് ഈ തിര ഒരാളോ അതെന്താണ് രാജൻ ഇത് എണ്ണിയാ തീരുവോ രാജൻ ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അറിയാൻ വയ്യാത്തതിനെപ്പറ്റി കൽപ്പിക്കരുതെന്നാണ് അങ് ഇതുകൊണ്ട് പറയുന്നതെങ്കിൽ ഭഗവാൻ ബുദ്ധൻ പറഞ്ഞില്ല കരുണാമയനായ ബുദ്ധൻ ഭാരതീയ സംസ്കൃതിയുടെ ജീവസന്ധായകമായ എതിവൃത്തത്തെ സ്മരിച്ചുകൊണ്ടാണ് ാരായണ ഗുരു ഗുരുപരമ്പരയിൽ നിന്ന് രണ്ടാമത്തെ കന്നിയെ നമുക്ക് സൂചിപ്പിച്ചു തരും സരളാദ്വയ ഭാഷ്യകാരനാ ഗുരുവോ ഈ ചൈതന്യമണ്ഡവർ ഗുരു ശങ്കരാചാര്യരെ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തി നെല്ലിക്കയിൽ അദ്വയഭാഷ്യകാരനായ ശങ്കരൻ എത്ര കരുണാർത്ഥനായിരുന്നു എന്ന് തന്റെ തല തന്നെ കാബാലികന് നൽകുമ്പോൾ മാതൃവഞ്ചകത്തിൽ ആചാര്യൻ സമയ ദുർവാരം തനുശോഷണം ധാതു നിഷ്കൃതി മുന്നതോപിതമാ എന്ന് നമസ്കരിക്കുമ്പോൾ ഏതമ്മയാണ് ചാരിതാർത്ഥ്യം കൊള്ളത് അനുകമ്പയ്ക്ക് ഇതിനപ്പുറം പോകാനാവില്ല അമ്മ അനുഭവിച്ച എല്ലാ വേദനയും പ്രസൂതി സമയ ദുർവാര ശൂലം വ്യത ശൂലം കൊണ്ട് പൊളിത്തിപ്പിടിച്ചാലത്തെ പോലെയുള്ള പ്രസവ അതൊക്കെ പണ്ട് അനുഭവിച്ചത് മക്കളോടും അമ്മയ്ക്കും അമ്മയ്ക്കും മക്കളോടും മക്കളോട് അമ്മയ്ക്കും മക്കൾക്കമ്മയോടും തീർത്താത്തീരാത്ത പാരസ്പര്യം ഉണ്ടായതും അത് പോയതുകൊണ്ടാണ് മമ്മി പെറ്റതെല്ലാം അമ്മയെ ഓൾഡേജ് ഹോമിലാക്കി പോകാൻ കാരണമായതും പിടിക്കൂല മമ്മി അന്വർത്ഥമാണ് ജീവൻ ഇല്ലാത്തപ്പോൾ ജനിച്ചതുകൊണ്ടവൻ മമ്മി ചൈതന്യനിഹന്തൃകം ക്ലോറോഫോം ഒക്കെ കൊടുത്ത് കിടത്തിയിരിക്കുമ്പോൾ ആ സമയത്തെ പ്രസവത്തിൽ നിന്നുണ്ടായത് കൊണ്ട് ഓർത്ത് അമ്മയെ ഓർമ്മിപ്പിക്കാൻ മമ്മി മമ്മി എന്ന് വിളിക്കുമ്പോൾ എത്ര അനോർഖമായ ശബ്ദം അതുകൊണ്ട് കുറച്ച് വയസ്സായാൽ ഇവരെ വല്ലോടത്തൊക്കെ ഏൽപ്പിച്ചിട്ട് അവൻ പോയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുണ്ട് മാതൃപഞ്ചകത്തിലെ ശങ്കരനാണ് ആ വേദന അനുഭവിക്കുന്നത് ആസ്താവം പ്രസൂതി സമയേ ദുർവാര സൂലഭ്യത ഞാനിത് പറയുമ്പോൾ അമേരിക്കയിൽ ഇന്നൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രസവിക്കണം ഓപ്പറേഷനുകളല്ലാതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ അമ്മമാരുടെ ഒരു സംഘടനയുണ്ട് കേരളത്തിലുള്ള അമ്മമാർ എങ്ങനെയും ഈ വേദന അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് അതിന് പാകം ഡോക്ടർമാരെ തേടിയോടുമ്പോൾ ഈ ഭൂമിയുടെ മറുപറത്ത് ഇങ്ങനൊരു സംഘടന ഉണ്ടെന്ന് ഓർക്കുമ്പോൾ ശങ്കരന്റെ ആത്മാവ് ഈ നാട് കിടന്ന് അവിടെ എത്തിയോ എന്ന് ശബ്ദം വ്യാഖൂണോ അങ്ങാ രുചിയില്ല നൈരുച്യം തനുശോഷണം രക്ത ഒതുവൊക്കെ കുട്ടിക്ക് വേണ്ടി വരുമ്പോ അമ്മയുടെ ശരീരത്തിൽ അത് കുറയും മലമയ്യാജ സമ്പൽസരി പ്രസവിച്ചു കഴിഞ്ഞാൽ മലത്തിലും മൂത്രത്തിലുമൊക്കെ അമ്മയുടെ ജീവിതം ഇന്നതില്ല കാരണം രാവിലെ ഒരു ഡപ്പർ എടുത്ത് കെട്ടി കുട്ടിയെ അവിടെ ഒരു മൂലക്കോട്ട് തള്ളിയാൽ വൈകുന്നേരം ഇതഴിച്ചു കളയുന്നത് വരെ അവൻ ഇതിനകത്ത് കിടക്കും മുതിർന്ന മനുഷ്യന് പോലും അവൻ്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മലമോ മൂത്രമോ തൊക്കിന് മേൽ പറ്റിയിരുന്നാൽ മസ്തിഷ്കത്തിലൊരു അസ്വസ്ഥതയുണ്ടാവും കാരണം മസ്തിഷ്ക പര്യന്ത ിൽ മാറ്റം വരും പണ്ടുകാലത്ത് അമ്മയിലെ കാലിലിരുത്തി സ്പർശനത്തിന്റെ സുഖമനുഭവിച്ച് അതിലൂടെ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യിച്ച് ശീലിപ്പിച്ച് അമ്മമാരുടെ മക്കളിന്ന് പ്ലാസ്റ്റിക് ഡപ്പർ കുട്ടിയുടെ പുറത്ത് വെച്ച് കെട്ടി അതിനകത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് വൈകുന്നേരമാകുമ്പോൾ ഇത് കളഞ്ഞ് കഴുകുമ്പോൾ കുഞ്ഞിന് ലയോമയോ മിക്സഡ് ലയോമയോ ആസ്ട്രോസൈറ്റോമയോ അതുപോലുള്ള മാരക രോഗങ്ങളോ അഞ്ചു വയസ്സിലും പത്ത് വയസ്സിലും വന്ന് ചത്തുപോകുവാൻ വേണ്ടിയാണിതിനെ വ്യാവസായിക യുഗത്തിൽ നിങ്ങൾ വളർത്തുന്നതെന്ന് വരുമ്പോൾ മനഃശാസ്ത്രകാരന്മാരും വൈദ്യുതി വിശാരദന്മാരും എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു പോയാൽ കുഞ്ഞിന്റെ കൂമ്പാളയുടെ അമ്മയുടെ അറിവിന്റെ ആയിരത്തിന്റെ ഒരു അറിവ് എം ബി ബി എസും എം ഡിയും കഴിഞ്ഞ് ഒരു ഗൈനക്കോളജിസ്റ്റിന് പോലും കിട്ടുന്നില്ലെങ്കിൽ ഈ നാട് ിൽ നിന്ന് അടർത്തിയെടുത്ത് പഠിപ്പിച്ച ആചാരങ്ങളാക്കി മാറ്റിയൊന്നും അടുത്തൂൺ പറ്റി അയൽ രാജ്യങ്ങളിൽ നേടിയ അറിവില്ലായ്മകൾ ഈ രാജ്യത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ഈ രാജ്യത്തെ ജനജീവിതത്തെ ക്രൂരമാക്കി മാറ്റുന്ന ഭരണാധികാരികളുടെയും അറിവുള്ളവന്മാരെന്ന് അഹങ്കരിക്കുന്നവരുടെയും കൂട്ടായ്മ അനുകമ്പയില്ലാത്തൊരു ലോകത്തേക്ക് പോകുമ്പോൾ നാരായണ ഗുരുവിന്റെ അനുകമ്പാദശകളിൽ മാതൃപഞ്ചകമോദി നിൽക്കുന്ന അനുകമ്പാർദ്രനായ സരളാദ്വയ ഭാഷ്യകാരൻ ശങ്കരൻ എത്ര ഉന്നതനാണ് മാനവ സ്നേഹത്തിന്റെ നേർരേഖ വരച്ചു കാണിക്കുന്ന ഗുരു അവിടെ നാരായണ അതിന്റെ പുത്തൻകൂറ്റുകാർ സിമെന്റ് ഗുരുവിനെ പ്രതിഷ്ഠിച്ച് പ്ലക്കാടുകളും മദ്യനിമിടമായ കേരളം മദ്യം കൊണ്ട് പൂജ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹോദരമായ ഗുരു സന്ദേശം പരമ്പരയുടെ ആർജിത സംസ്കാരം ാരമായാണ് ഈ കൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഹൃദയം ഉണ്ടെങ്കിൽ അതാലോയിക്കാം അപ്പോ ഈ ശ്ലോകത്തിൽ അദ്ദേഹം മൂന്ന് ഉന്നത ദുരിതന്മാരെ സ്മരിച്ചു അദ്ദേഹത്തിന്റെ ചിന്തക്ക് രാജ്യത്തിന്റെ അതിർത്തികളോ മതത്തിന്റെ വർണ്ണവൈവിധ്യങ്ങളോ ഇല്ല നോക്കാം ഏഴ് പുരുഷാകൃതി പുണ്ട ദൈവമോ നരദൈവ്യാകൃതി പുണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവുരത്നമോ പുരുഷാകൃതി പുണ്ട ദൈവമോ നരദിവ്യാകൃതി പുണ്ടധർമ്മമോ പരമേശ് പവിത്രപുത്രനോ കരുണാവുരത്നമോ പുരുഷാകൃതി കുണ്ട ദൈവമോ അവതാരങ്ങളെ മുഴുവൻ പ്രകീർത്തിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും ആ ശബ്ദം കൊണ്ട് വ്യാസനെ ആയിരിക്കണം വ്യാസായ വിഷ്ണുരൂപായ വിഷ്ണുരൂപായ വ്യാസവേ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ടായ നമോ എന്ന് പറയുന്ന വ്യാസനെ ആയിരിക്കണം പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിത്യാകൃതി പൂണ്ട ധ ധർമ്മമോ രാമനെ ആയിരിക്കണം രാമോ വിഗ്രഹവാൻ ധർമ്മം പുരാണ പ്രസിദ്ധമായ രാമജീവിതത്തിൻ്റെ ഈടുവയ്പ്പുകളെ ആയിരിക്കണം ഗുരുദേവൻ സ്മരിക്കുന്നത് കാരണം അധ്യാത്മരാമായണത്തിൽ രാമൻ ധർമ്മത്തിൻ്റെ പുരുഷനാണ് വാൽമീകി രാമായണത്തിലല്ല തെറ്റിദ്ധരിക്കരുത് വാൽമീകി രാമായണത്തിലെ രാമൻ കേവലം നരനാണ് വാൽമീകി രാമായണം രാമന്റെ യാത്രയല്ല രാമസ്യ അയനം ഇത് രാമായണമെന്ന് വാൽമീകി രാമായണം വെച്ച് പഠിക്കാനാവില്ല രാമായഹായനം ഇത് രാമായണം രാമയുടെ അയനമാണ് സീതയുടെ അയനം സീതാകാവ്യമാണ് രാമായണം കാരണം വാൽമീകി ഉത്തമയായൊരു സീതയെ അവതരിപ്പിക്കുന്നുണ്ട് ഉത്തമനായ രാമനെയല്ല രാമൻ വഴുതുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ വനവാസമൊക്കെ കഴിഞ്ഞ് വനവാസത്തിൽ തന്നെ ഇരിക്കുമ്പോൾ സീത പോയിക്കഴിഞ്ഞ് രാമൻ ലക്ഷ്മണനോട് പറയുന്നു രണ്ടു കൊണ്ട് സീത പോയതിലല്ല എനിക്ക് ദുഃഖം അവളുടെ യൗവനം പോയി പോകുമല്ലോ എന്ന് വച്ചു അതേതായാലും ഉത്തമനിൽ നിന്ന് വരുന്നതല്ല വാൽമീകിയുടെ രാമൻ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് വായിച്ചു നോക്കാം വാൽമീകിയുടെ രാമൻ സീതയെ ഉപേക്ഷിക്കുന്നത് അയോധ്യയിൽ വെച്ചല്ല രാമരാവണ യുദ്ധം കഴിഞ്ഞ് ആഞ്ജനേയൻ സീതയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വാൽമീകി രാമായണത്തിലെ സീത മായാ സീതയല്ല വാൽമീകിയുടെ സീത മായാസീതയല്ല ഒറിജിനലാണ് ഏകദം ഒറിജിനൽ അവളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ രാമൻ പറഞ്ഞത് സീതെ എട്ട് ദിക്കുകളിൽ എങ്ങോട്ട് വേണമെങ്കിൽ നിനക്കിന് പോകാം രാവണന്റെ രാജ്യത്ത് വസിച്ച നിന്നെ എനിക്ക് വേണ്ട രാവണവധം ഞാൻ നിർവഹിച്ചതെൻ്റെ ധർമ്മമാണ് ഒരു നല്ല ഉടമയുണ്ട് വാൽമീകിയുടെ നേത്രരോഗിക്ക് ദീപം വന്ന പോലെ നീ എനിക്ക് അപദ്ധ്യയാണ് വാൽമീ രാമായണം നിങ്ങൾ വായിക്കരുത് വായിച്ചാൽ നിങ്ങൾ നേടിയ രാമഭക്തി നഷ്ടപ്പെടും നേത്ര ദീപമെന്ന പോലെ നീ എനിക്ക് അവധ്യയാണ് നേത്രരോഗിക്ക് ദീപം അവധ്യമാകുന്നത് ദീപത്തിന്റെ കളങ്കം കൊണ്ടല്ല നേത്രരോഗിയുടെ രോഗം കൊണ്ടാണ് അതുകൊണ്ട് കളങ്കം രാമന് തന്നെയാണെന്ന് രാമൻ സമ്മതിക്കുന്നുണ്ട് എന്താണ് കളങ്കം സീതയുടെ ചാരിത്ര ശുദ്ധിയുടെ ഉയർച്ച രാമനെ അത്ഭുതപ്പെടുത്തുന്നു ലോകത്തൊരു സ്ത്രീയും ലോകകണ്ഡകനായ രാവണന്റെ അന്തപുരത്തിൽ ചെന്ന് രാമ രാമ എന്ന് ജപിച്ച് ആ ശിംഷവാൃക്ഷുവട്ടിലിരിക്കില്ല സീതാദേവിയുടെ കാൽപാദങ്ങളിൽ രാമൻ അർപ്പിക്കുന്ന ബഹുമാനാദരങ്ങൾ മുഴുവനാവും ഭൂമയിലുണ്ട് നീ കൊട്ടാരത്തിന് പറ്റില്ല ഭോഗലാലസതയുടെ ഈറ്റില്ലമായ കൊട്ടാരത്തിന് നീ പറ്റില്ല അതുകൊണ്ടാണ് രാമൻ സീതയെ വാൽമീകി ആശ്രമത്തിലേക്ക് വിട്ടപ്പോൾ ഒരു സ്ത്രീക്കും അത്രത്തോളം പിടിച്ചിരിക്കാനാവില്ല അങ്ങനെയുള്ളവൾ കൊട്ടാരത്തിലല്ലിരിക്കേണ്ടത് ഭോഗങ്ങളില്ലാത്ത അവളുടെ ഇരിപ്പടം ആശ്രമമായിരിക്കും വാൽമീകി ആശ്രമവാടിയിലാണ് ഉപേക്ഷിക്കുന്നത് ഭാരതീയ സംസ്കൃതി നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ വിമൻസ് ലിബറേഷൻകാർ എഴുതുന്നത് പോലെ രാജ്യത്തിന് വേണ്ടി സീതയെ പരിത്യജിച്ച രാമനേക്കാൾ ചെങ്കോല് വലിച്ചെറിഞ്ഞ് പ്രിയഭാചനത്തോടൊപ്പം പോയ ജെയിംസ് രണ്ടാമനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ നീ അടുത്ത കാലത്ത് ഒരു പെണ്ണുംപിള്ള പറഞ്ഞിരുന്നു അതൊക്കെ ചെറുപ്പക്കാർക്ക് ഹരവുമായിരിക്കും ജീവിതമെന്താണെന്ന് അറിയാത്തത് ജീവിതം തിരിച്ചറിയുമെങ്കിൽ സീത ജനകന്റെ രാജധാനിയിൽ പോയി ആളെ കൂട്ടി രാമനോട് യുദ്ധം ചെയ്തില്ല തൻ്റെ വിധിയെ പഴിച്ചില്ല സീതരാമന്റെ കൊട്ടാരത്തിന് മുമ്പിൽ കുടിലി കിട്ടി സത്യാഗ്രഹവും നയിച്ചില്ല വർഷാസനം കിട്ടാൻ കേസും കൊടുത്തില്ല തന്നെ ഇത്രയും നീചമായ വിധത്തിൽ തള്ളിപ്പറഞ്ഞു എന്ന് തോന്നിയിട്ട് ഭർത്താവിൻ്റെ ദുർഗുണങ്ങൾ പറഞ്ഞ് പുത്രന്മാരെ ആ വഴിയെ കൊണ്ടെത്തില്ല രാമനെയും രാമരാജ്യത്തെയും കുറിച്ച് സ്വപുത്രന്മാർക്ക് ഉദാത്തവും ഉന്നതവുമായ അറിവ് നൽകി വാൽമീകി ആശ്രമത്തിൽ ജീവിച്ച സീത ഏതൊരു ചരിത്രത്തിന് കലങ്കം പറഞ്ഞാണോ അയോധ്യ പുറത്താക്കിയത് അതേ അയോധ്യ തന്നെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് അതേ സീതയുടെ പുത്രനെ അതേ രാമൻ കുലഗുരുവിന്റെയും പുരോഹിതന്റെയും മുമ്പിൽ വെച്ച് പുരോഹിതനെ അഭിഷേകം ചെയ്യിക്കുമ്പോൾ നിശബ്ദവും മൗനവും അനുകമ്പാർദ്രവുമായ സ്ത്രീ ഹൃദയത്തിന് വീരോചിതമായി പകരം ചോദിക്കാൻ കഴിയുമെന്ന് സീത പഠിപ്പിച്ചു അതിന് ഒച്ചയുണ്ടാക്കേണ്ടെന്ന് ആയുധങ്ങൾക്ക് മൂർച്ച വേണ്ടെന്ന് വിഷം കൊത്തിയവനെ കൊണ്ട് തന്നെ വിഷമെടിപ്പിക്കാനാകുമെന്ന് ലോകത്തോട് ആദ്യമായി പഠിപ്പിച്ച സീതയെപ്പോലൊരമ്മ അപൂർവമായി മാത്രമേ ഭാരതത്തിൽ പിന്നെ ഉണ്ടാകുന്നുള്ളൂ പുരുഷന്മാർ അനേകം ഉണ്ടാകാം രാമന്മാർ സീത ഒന്നു മാത്രം അത് ഭാരതീയ മഹിമാവാണ് അതുകൊണ്ട് വാൽമീകി രാമായണം രാമൻ്റെ അയനമല്ല ഒടുവിൽ സീതയെ വീണ്ടും വസിഷ്ഠനും കൂട്ടരും പറഞ്ഞൊരുങ്ങുമ്പോൾ വാൽമീകി വന്തയം വെക്കുന്നത് തൻ്റെ തപസ്സിനെയാണ് സീതയുടെ ചാരിത്രത്തിന് രാമായണത്തിൽ നാം കാണുന്നത് ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് രാജാവായ രാമനോട് പറയുന്നതാണ് രാജവാ സീതയാഗ്നേക്കാൾ പരിശുദ്ധയാ എന്നിട്ട് സീതയെ അന്തർദാനം ചെയ്യുമ്പോൾ രാമായണ കാവ്യത്തിൽ അന്തർദാനം ചെയ്യുന്ന ആയമ്മ വായനക്കാരന്റെ ഹൃദയങ്ങളിൽ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് കാവ്യ തേജസ് ഋഷിമാരിൽ നിന്ന് പഠിക്കുമെങ്കിൽ വാൽമീയുടെ ഇതിവൃത്തം പോലെ മനോഹരമായ ഒന്നില്ല അത് ആദികാവ്യം രാമനെ ധർമ്മത്തിൻ്റെ വിഗ്രഹവാനായി പ്രതിഷ്ഠിക്കുന്നത് അധ്യാത്മരാമായ അതിന് സീതാപരിത്യാഗത്തിന് കാരണം രാമഗീതയിലൂടെ രാമൻ തന്നെ ലക്ഷ്മണനോട് പറയുന്നുമുണ്ട് ആ രാമനാകാം നരദിവ്യാഗൃതി ഉണ്ടധർമ്മമമോ പരമേശ് പവിത്രപുത്രനോസ് നസറേണിയസ് കൂവൽമൈ തറയ്ക്കപ്പെട്ട് ആഹുരാത്മാവായി കിടക്കുന്നൊരീ സമയത്തും സ്നേഹശീലനാം ഭവാൻ സ്നേഹത്തറം കൊണ്ട് നാളെ ശാന്തി ചൂഴും അത്യാഗനങ്ങൾ വിശു ഭൂവിലും സ്വർഗത്തിലും എന്ന് എം ബിയപ്പൻ മനോഹരമായി പാടുന്ന നസരത്തിലെ യേശുവിൻ്റെ ജീവിതം ഞാനും എൻ്റെ പിതാവും ഒന്നാണെന്ന് ത്യാഗോജ്വലവും പരിശുദ്ധവുമായ ജന്മം അത് ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ ഭാരതീയ സംസ്കൃതിക്ക് ഒട്ടേറെ ബന്ധമുള്ള യേശു ഒരുപാട് കഥകളും അങ്ങനെയുണ്ട് യേശു പാലക്കാട്ടുകാരി മാലിയുടെ മകനാണെന്നൊരു കഥയുണ്ട് പ്രച പ്രചണ്ഡമായി ഇവിടുന്ന് പതിനേഴ് വയസ്സിൽ ഗർഭിണിയായ മാലിയെ ബുദ്ധ ഭക്ഷുക്കൾക്ക് തുഴങ്ങേറ്റിക്കൊടുത്തതെന്നും അവരാണ് നസറ നസറിയത്തിലെത്തിയതെന്നും ഒരു കഥയുണ്ട് ബി സി മൂന്നാം നൂറ്റാണ്ടില് അലക്സാണ്ടർ ദ ഗ്രീക്സ് ഇന്ത്യയിൽ വരുമ്പോൾ കൂട്ടിക്കൊണ്ടുപോയ ബുദ്ധഭിക്ഷുക്കളും ഗംഗാജലവുമൊക്കെ അയാളുടെ അമ്മ ആവശ്യപ്പെട്ടിരുന്ന അതാണെന്ന് ചരിത്രരേഖകളിലുണ്ട് ആ ബുദ്ധഭിക്ഷുക്കളുടെ മൂന്നാം ലോക ബുദ്ധമത സമ്മേളനം അന്ന് കൂടിയതും നസറത്തിലാണ് അതിൻ്റെ ഒരു തായ് വഴിയായിരുന്നു സ്നാപകൻ അതിൽപ്പെട്ട യൂസഫാണ് വിവാഹം കഴിച്ചതെന്ന് പഴലസ്പെക്കും കൂട്ടരുമൊക്കെ വിശ്വസിക്കുന്നു ഒന്നും എൻ്റെ വാക്കല്ല പേടിക്കണ്ട ആ തായ് വഴിയിൽ ലക്ഷത്തിലൊന്ന് കന്നികയിൽ ഗർഭമുണ്ടാകാമെന്ന പ്രമാണത്തിൽ ശങ്കരനെ കുറിച്ചും ഈ പേരുദോഷമുണ്ട് പേരുണ്ട് എന്ന് ഞാൻ പറയും നിങ്ങൾ പറയുന്നതായി പറയുമ്പോൾ ദോഷം ഉണ്ടെന്ന് ചേർക്കാം അവിടെ ക്രിസ്തു ജനിക്കുന്നതും സ്നാപകനെ സമീപിക്കുന്നതും സ്നാപകനോട് തന്നെ ജ്ഞാനസ്നാനം ചെയ്യാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ കഥ ജ്ഞാനസ്നാനം കഴിയുമ്പോൾ ജ്ഞാനസ്നാനം ബുദ്ധമതത്തിൻ്റെ ഭാഗമാണ് കിൻഡിലിങ് എന്നവർ പറയും കാൻഡിൽ കത്തിച്ചുവാണ് ചെയ്യുന്നതുംസ്നാനം കഴിയുമ്പോൾ യേശുവിൻ്റെ ഹൃദയങ്ങളിലേക്ക് ദിവ്യമായൊരനുഭൂതിയും പ്രാവും കടന്നുവന്നു പ്രാവുപോലെ കടന്നു വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന ശരീലിയുമുണ്ടായി ആ യേശു ഈസ്റ്റേൺ തലങ്ങളിൽ നിന്നാണ് മൂന്നുപേർ അദ്ദേഹത്തെ കാണാൻ പോയത് കൊണ്ടുപോയത് പൊന്നും നിറയും നക്ഷത്രത്തെ നോക്കിയാണ് പോയത് നക്ഷത്ര ശാസ്ത്രം ആര്യഭട്ടൻ്റെ കാലത്തിന് തന്നെ ഇന്ത്യയിൽ വികസിതമായിരുന്നുവെന്നും ഉജ്ജയിനിയും മറ്റും കേന്ദ്രങ്ങളായിരുന്നുവെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് രാജസ്ഥാൻ മരുഭൂമിയുമാണ് കിഴക്ക് കിഴക്ക് വേറെ മരുഭൂമിയൊന്നും തോന്നുന്നില്ല കിഴക്കൻ മരുഭൂമിയിൽ നിന്നാണ് മൂന്നുപേർ പോയത് രാജാക്കന്മാർ കിഴക്കൻ മരുഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോയത് പൊന്നും മീറയും കുന്തിരിക്കവുമാണ് കുട്ടികളോട് ബന്ധപ്പെട്ട ആയുർവേദ മൂല്യം അറിയുന്നതും ഈ സംസ്കൃതിയിലാണ് അവർ കണ്ടുമടങ്ങി ദ ഗിഫ്റ്റ് ഓഫ് ദക്കും കൂട്ടരും പറയുന്നത് ക്രിസ്തു തക്ഷിലയിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് അതൊന്നും നമ്മുടെ വിഷയമല്ല അതൊന്നും ആവശ്യവുമില്ല ക്രിസ്തുവിൻ്റെ ത്യാഗത്തെയും സ്നേഹത്തെയും അനുകമ്പയെയും അനുകമ്പ സാർവലൗകികമാണ് അതിന് രാജ്യാന്തരങ്ങളില്ല എങ്കിലും ഇങ്ങനെയും അഭിപ്രായങ്ങളുണ്ട് അഹമ്മദിയ പ്രസ്ഥാനക്കാരുടെ അഭിപ്രായത്തിൽ ക്രിസ്തുവിന്റെ ശവകുടീരവും കാശ്മീരിലാണ് ക്രിസ്തു തച്ചിലയിൽ പഠിച്ചുവെന്നും ആ വർഷത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി നിലയിൽ അദ്ദേഹത്തിന്റെ ചിത്രം തച്ചിലയുടെ അവിടെ ഈസസ് നസറേണിയസ് എന്ന് കൊത്തിയിരുന്നുവെന്നും നെഹ്റുവും അദ്ദേഹത്തിന്റെ പ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ക്രിസ്തു മതവും ഇതര മതങ്ങളും എന്ന ഭാഗത്താണോ തുമ്പ നമുക്കതൊന്നുമല്ല വിഷയം ആ കുരിശിൽ പീഡനവും ഏറ്റു കിടക്കുമ്പോൾ പോലും പിതാവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവർക്ക് മാപ്പ് നൽകണമേ അരുള് അൻപ് അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി അരുളറ്റാൽ അൻപകന്ന ഹൃദയത്തിലാണ് അല്ലൽ ആ അദ്ദേഹം കേസറിയിൽ പ്രഭാഷണം നടത്തുമ്പോൾ സലോമിയുടെ ജയിലിൽ നിന്ന് സ്നാപകൻ കൂടെ വരാനിരിക്കുന്നവൻ ഇവനാണോ എന്നറിയാൻ അവരെ കാണുമ്പോൾ കഥ വിശ്വമിശിഹ അവരെ നോക്കി പറയുന്നുണ്ട് ആരയച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്താണ് കാണുന്നത് കാറ്റത്താടെന്ന ഞങ്ങളോ ശ്രദ്ധിച്ചു നോക്കൂ ചെകിടർ കേൾക്കുന്നു അന്തർ കാണുന്നു ത്യാഗവും സ്നേഹവും ഏറ്റവും വലിയ ലിപ്യഔഷമാണ് നിങ്ങൾ നിങ്ങളെ അയച്ചവനോട് ചെന്ന് പറയുകയും ഏലിയാദിവിയുടെ ആത്മാവോടും ശക്തിയോടും കൂടി ഏലീസ്യയിലുണ്ടായ ഒരാൾ ഉത്തമങ്ങളായ പ്രഘോഷണങ്ങൾ അത്യുത്തമങ്ങളായ കഥകൾ ജനങ്ങളെ പഠിപ്പിക്കാൻ ഇതെല്ലാം നിറഞ്ഞ പരമേശ്വ പവിത്രപുത്രന്റെ ജീവിതം അസാധാരണവും അന്യൂനവുമായിരുന്നു മനോഹരമായി സ്മരിക്കുന്നു കരുണാവാനായ നബി കാവയിൽ ബഹുദൈവാരാധനയിൽപ്പെട്ട ജനങ്ങളും ഏകദൈവാരാധനയിൽ ആഗ്രഹിക്കുന്നവരും തമ്മിൽ അടിക്കുമ്പോൾ കാരുണ്യം വഴിഞ്ഞൊഴുകി മാനവസ്നേഹം പ്രചരിപ്പിച്ച മുത്തുരത്നമായ നബി നബി വിശേഷണവും വളരെ ഗംഭീരമാണ് ഇവരുടെയൊക്കെ അനുയായികളും അവകാശപ്പെട്ട ആയുധവും എന്ന് നടക്കുന്ന ആധുനിക ജനാധിപത്യത്തിൻ്റെ അപ്പസ്തോലന്മാർ ഹിന്ദുവെന്നും ജന്തുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിം എന്നും ഒക്കെ പറഞ്ഞടിക്കുമ്പോൾ ഗുരുദേവന്റെ ഈ ഇതിവൃത്തം ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായി പഠിക്കേണ്ടതാണ് പക്ഷേ നിങ്ങളുടെ ജാതിയുടെയും മതങ്ങളുടെയും നേതാക്കന്മാർ ഇതൊന്നും പഠിക്കാതെയും പഠിപ്പിക്കാതെയും ആ സ്ഥാനങ്ങളിൽ കയറിക്കൂടി നിങ്ങളൊന്നും ഒരിക്കലും ഇത് പഠിക്കാതിരിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ മദ്യം കൊണ്ടു മുക്കി താലോലിക്കുമ്പോൾ ഈ സമാധി ദിനം കുനിഞ്ഞ ശിരസോടെ കുറ്റബോധത്തോടെ ആ പരമകാരുണിതനായ ഗുരുവിൻ്റെ പാതാന്തികത്തിൽ നമസ്കരിച്ച് പറയാനുള്ളതാണ് ആചാര്യ വര്യ അങ്ങയുടെ സങ്കല്പങ്ങളിൽ നിന്ന് ഈ ജനത എത്രയോ അകന്നുപോയി അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് വർഷിച്ച വിത്തുകൾ ഊശരഭൂമിയിലായിപ്പോയി ഒരിട്ട് ജലം പാരമ്പര്യത്തിൻ്റെതായി അവിടെ തലിച്ച് അവകീർപ്പിക്കുവാൻ ഇനി എന്നാണ് കഴിയുക എന്തായിരുന്നാലും അദ്ദേഹം രാജ്യാതിർത്തികളെ വിട്ടാണ് ഈ പരമ്പരയെ ഓർക്കുന്നത്